അദ്ദേഹം പറഞ്ഞു അത് എനിക്കും താങ്കൾക്കുമിടയിലുള്ള കരാറായിരിക്കട്ടെ ഈ രണ്ട് കാലാവധികളിൽ ഏതാണോ ഞാൻ പൂർത്തിയാക്കുന്നത് അതിലെനിക്കെതിരെ യാതൊരു പരാതിയും ഉണ്ടാകരുത് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു സുബഹാനഹൂവത്ത ആല ആണ് സാക്ഷി